ായം പന്ത്രണ്ട് പ്രവാചകം ഇസ്രയേലിനെ കുറിച്ചുള്ള യഹോവിയുടെ അരിലപ്പാട് ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനമിടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവിയുടെ അരുളപ്പാട് ഞാൻ എരിശിലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമപാത്രമാക്കും എരുശിലേമിന്റെ നിരോധത്തിങ്കൽ അത് യഹൂദയ്ക്കും വരും അന്നാളിൽ ഞാൻ എരുശിലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കും അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി അന്നാളിൽ ഞാൻ ഏതു കുതിരയെയും സ്തംഭനം കൊണ്ടും പുറത്തു കയറിയവനെ ഭ്രാന്തുകൊണ്ടും ബാധിക്കും യഹൂദഗ്രഹത്തിന്മേൽ ഞാൻ കണ്ണു തുറക്കുകയും ജാതികളുടെ ഏതു കുതിരയെയും അന്ധത പിടിപ്പിക്കുകയും ചെയ്യുമെന്ന് യഹോവയുടെ അരുളപ്പാട് അപ്പോൾ യഹൂദ മേധാവികൾ യരുഷലേം നിവാസികൾ അവരുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവനിമിത്തം നമുക്ക് ബലമായിരിക്കുന്നു എന്ന് ഹൃദയത്തിൽ പറയും അന്നാളിൽ ഞാൻ യഹൂദാ മേധാവികളെ വിറകിന്റെ ഇടയിൽ പീച്ചട്ടി പോലെയും കറ്റയുടെ ഇടയിൽ പീപ്പന്തം പോലെയും ആക്കും അവർ വലത്തുഭാഗത്തും ഇടത്തുഭാഗത്തും ചുറ്റുമുള്ള സകല ജാതികളെയും തിന്നുകളെയും യെരുഷലേമിന് സ്വസ്ഥാനത്ത് യെരുഷലേമിൽ തന്നെ വീണ്ടും നിവാസികൾ ഉണ്ടാകും ഗ്രഹത്തിന്റെ പ്രശംസയും യെരുശലേം നിവാസികളുടെ പ്രശംസയും യഹൂദയുടെ നേരെ ഏറിപ്പോകാതിരിക്കേണ്ടതിന് യഹോവ യഹൂദ കൂടാരങ്ങളെ ആദ്യം രക്ഷിക്കും അന്നാളിൽ യഹോവ എരുശിലൻ നിവാസികളെ പരിച്ചുകൊണ്ട് മറയ്ക്കും അവരുടെ ഇടയിൽ ഇടറി നടക്കുന്നവൻ അന്നാളിൽ ദാവീദിനെപ്പോലെ ആയിരിക്കും ദാവീത് ഗ്രഹം ദൈവത്തെപ്പോലെയും അവരുടെ മുമ്പിലുള്ള യഹോവിയുടെ ദൂതനെപ്പോലെയും ആയിരിക്കും അന്നാളിൽ ഞാൻ എരുശലമിന്റെ നേരെ വരുന്ന സകല ജാതികളെയും നോക്കും ഞാൻ ദാവിദ് ഗ്രഹത്തിന്മേലും യെരുശല മേലും കൃപയുടെയും ചനകളുടെയും ആത്മാവിനെ പകരും തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കലേക്ക് അവർ നോക്കും ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും ആദ്യ ജാതനെക്കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും അന്നാളിൽ മെഗീദോ താഴ്വരയിലുള്ള ഹദത് റിമ്മോനിലെ വിലാപം പോലെ യരുഷലേമിൽ ഒരു മഹാവിലാപം ദേശം കുലം കുലമായി വെവ്വേറെ വിലപിക്കും ദാവിദ് ഗ്രഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും നാഥാൻ ഗ്രഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും ലേവിഗ്രഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും ഷിമയി കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും ശേഷിച്ചിരിക്കുന്ന കുലങ്ങളൊക്കെയും അതത് കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും വിലപിക്കും